നന്മയ്ക്കു മുൻപേ തിന്മ വേഗത്തിലാക്കാൻ അവർ നിന്നോടാവശ്യപ്പെടുന്നു അവർക്കു മുൻപ് പല മാതൃകകൾ കടന്നുപോയിട്ടുണ്ട് ജനങ്ങൾ ചെയ്ത അക്രമങ്ങൾക്കിടയിലും നിന്റെ രക്ഷിതാവ് തീർച്ചയായും ഏറെ പൊറുക്കുന്നവനാണ് എന്നാൽ നിന്റെ രക്ഷിതാവ് കഠിനമായ ശിക്ഷ നൽകുന്നവനും